യൂണിറ്റ് സിക്സ് ലെസൺ നയൻറ്റീൻ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടൂ ലിസൺ ഒള്ളി അല്ല ഇതാരെ പ്രഭുവോ വാ വാ വേഗം വാ ഞകത്ത് വാടോ എന്താ സുഖമാണോ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നീ പറ നീയല്ലേ കല്യാണ ചെറുക്കൻ നീ ആദ്യം ആ ചാരികാശേലൊന്നിരിക്കേ യാത്രാക്ഷീണമൊക്കെ തീർക്കേ അമ്മ ഒന്നിങ്ങോട്ട് വരണം എന്താ മോനെ വിശേഷം ഇങ്ങോട്ട് നോക്കണം അമ്മ ഇതാണ് എന്റെ കൂട്ടുകാരൻ പ്രഭു നമസ്കാരം നമസ്കാരം ഇരിക്കൂ അമ്മ ഇരിക്കണം രാഘവ നീയും ഇരിക്ക പ്രഭുവിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ അതെ അച്ഛനു മാത്രം ശകലം വാദത്തിന്റെ ഉപദ്രവമുണ്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സയിലാണ് രാഘവനും മോനും ഒരേ സ്കൂളിലാണോ ജോലി അല്ലമ്മേ ഞങ്ങൾ മൈസൂറിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠികളായിരുന്നു ഞാൻ കണ്ണൂർക്കാരനാണ് അവിടെ ഒരു സർക്കാർ സ്കൂളിലാണ് എനിക്ക് ജോലി മക്കളെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് പ്രഭാകരൻ എന്താണ് ഇഷ്ടം കാപ്പിയോ ചായയോ അവന്റെ പേര് പ്രഭാകരൻ എന്നല്ല വെറും പ്രഭു വയസ്സായില്ലേ മക്കളെ കുറച്ചൊക്കെ അറിവില്ലേ ഈ പ്രായത്തിൽ ഒന്ന് ക്ഷമിക്കും സാരമില്ലമ്മേ രാഘവൻ എപ്പോഴും എല്ലാ കാര്യവും തമാശയാണ് മൈസൂറിലെ ഹോസ്റ്റലിലും ഇവൻ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇവൻ എല്ലാവരുടെയും പ്രാണനായിരുന്നു മതിയടോ മുഖസ്തുതി ഒന്ന് നിർത്ത അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറണം കാപ്പിയോ ചായയോ അതോ പാലോ ഈ അസമയത്ത് ഒന്നും വേണ്ടമ്മേ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടൂ എന്താണ് ഇഷ്ടം പറയൂ ശകലം പച്ചവെള്ളം മാത്രം മതി എന്നാൽ നീ ആ കിണറ്റിന്റെ അടുത്തേക്ക് പോ പച്ചവെള്ളം കുടിക്കെ ഇത് നല്ല തമാശ പച്ചവെള്ളമോ അതും നട്ടിച്ചു നേരത്ത് ജലദോഷത്തിന് വേറെ ഒന്നും വേണ്ട ശരി ശരി നിങ്ങൾ വർത്തമാനം പറയും പത്ത് മിനിറ്റ് അനകം രണ്ടുപേർക്കും ചായ റെഡി അല്ല ഇതാരെ പ്രഭുവോ അല്ല ഇതാരെ പ്രഭുവോ വാ വാ വേഗം വാ വാ വാ വേഗം വാ നീ അകത്ത് വാടോ നീ അകത്തുവാടോ എന്താ സുഖമാണോ എന്താ സുഖമാണോ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നീ പറ വിശേഷങ്ങളൊക്കെ നീ പറ നീയല്ലേ കല്യാണ നീയല്ലേ കല്യാണ നീ ആദ്യം ആ ചാരികരസരയിലൊന്നിരിക്കെ നീ ആദ്യം ആ ചാരികാശരയിൽ ഒന്നിരിക്കെ യാത്രാക്ഷീണമൊക്കെ തീർക്കേ യാത്രാക്ഷീണമൊക്കെ തീർക്കേ അമ്മ ഒന്നിങ്ങോട്ട് വരണം അമ്മ ഒന്നിങ്ങോട്ട് വരണം എന്താ മോനെ വിശേഷം എന്താ മോനെ വിശേഷം ഇങ്ങോട്ട് നോക്കണം അമ്മ ഇങ്ങോട്ട് നോക്കണം അമ്മ ഇതാണ് എൻറെ കൂട്ടുകാരൻ പ്രഭു ഇതാണ് എൻറെ കൂട്ടുകാരൻ പ്രഭു നമസ്കാരം നമസ്കാരം നമസ്കാരം നമസ്കാരം ഇരിക്കൂ അമ്മ ഇരിക്കണം രാഘവ നീയും ഇരിക്ക ഇരിക്കണം രാഘവ നീയും ഇരിക്ക പ്രഭുവിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ പ്രഭുവിന്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ അതെ അച്ഛനു മാത്രം ശകലം വാദത്തിന്റെ ഉപദ്രവമുണ്ട് അതെ അച്ഛനു മാത്രം ശകലം വാദത്തിന്റെ ഉപദ്രവമുണ്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സയിലാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സയിലാണ് രാഘവനും മോനും ഒരേ സ്കൂളിലാണോ ജോലി രാഘവനും മോനും ഒരേ സ്കൂളിലാണോ ജോലി അല്ലമ്മേ ഞങ്ങൾ മൈസൂറിലെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠികളായിരുന്നു അല്ലമ്മേ ഞങ്ങൾ മൈസൂറിലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സഹപാഠികളായിരുന്നു ഞാൻ കണ്ണൂർക്കാരനാണ് ഞാൻ കണ്ണൂർക്കാരനാണ് അവിടെ ഒരു സർക്കാർ സ്കൂളിലാണ് എനിക്ക് ജോലി അവിടെ ഒരു സർക്കാർ സ്കൂളിലാണ് എനിക്ക് ജോലി മക്കളെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും മക്കളെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് എനിക്ക് അടുക്കളയിൽ കുറിച്ച് ജോലിയുണ്ട് പ്രഭാകരന് എന്താണിഷ്ടം കാപ്പിയോ ചായയോ പ്രഭാകരന് എന്താണിഷ്ടം കാപ്പിയോ ചായയോ അവന്റെ പേര് പ്രഭാകരൻ എന്നല്ല അവന്റെ പേര് പ്രഭാകരൻ എന്നല്ല വെറും പ്രഭു വെറും പ്രഭു വയസ്സായില്ലേ മക്കളെ വയസ്സായില്ലേ മക്കളെ കുറച്ചൊക്കെ മറവി ഇല്ലേ ഈ പ്രായത്തിൽ മറവി ഇല്ലേ ഈ പ്രായത്തിൽ ഒന്ന് ക്ഷമിക്കിൻ ഒന്ന് ക്ഷമിക്കിൻ സാരമില്ലമ്മേ രാഘവൻ എപ്പോഴും എല്ലാ കാര്യവും തമാശയാണ് സാരമല്ലമ്മേ രാഘവൻ എപ്പോഴും എല്ലാ കാര്യവും തമാശയാണ് മൈസൂറിലെ ഹോസ്റ്റലിലും ഇവൻ ഇങ്ങനെയായിരുന്നു മൈസൂറിലെ ഹോസ്റ്റലിലും ഇവൻ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇവൻ എല്ലാവരുടെയും പ്രാണനായിരുന്നു അതുകൊണ്ട് ഇവൻ എല്ലാവരുടെയും പ്രാണനായിരുന്നു മതിയടോ മുഖസ്തുതി ഒന്ന് നിർത്ത് മതിയടോ മുഖസ്തുതി ഒന്ന് നിർത്ത് അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറ നിനക്കെന്ത് വേണം നിനക്കെന്ത് വേണം കാപ്പിയോ ചായയോ അതോ പാടോ കാപ്പിയോ ചായയോ അതോ പാരോ ഈ അസമയത്ത് ഒന്നും വേണ്ടമ്മേ ഈ അസമയത്ത് ഒന്നും വേണ്ടമ്മേ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടു അതക്കേ ഞങ്ങളുടെ ഇഷ്ടത്തിന് വിടൂ എന്താണിഷ്ടം പറയൂ എന്താണിഷ്ടം പറയൂ ശകലം പച്ചവെള്ളം മാത്രം മതി ശകലം പച്ചവെള്ളം മാത്രം മതി എന്നാൽ നീ അ കിണറ്റിന്റെ അടുത്തേക്ക് പോ എന്നാൽ നീ ആ കിണറ്റിന്റെ അടുത്തേക്ക് പോ ആ പച്ചവെള്ളം കുടിക്കേ ആ പച്ചവെള്ളം കുടിക്കേ ഇത് നല്ല തമാശ ഇത് നല്ല തമാശ പച്ചവെള്ളമോ അതും നട്ടിച്ചു പച്ചവെള്ളമോ അത് നട്ടുച്ച നേരത്ത് ജലദോഷത്തിന് വേറെ ഒന്നും വേണ്ട ജലദോഷത്തിന് വേറെ ഒന്നും വേണ്ട ശരി ശരി നിങ്ങൾ വർത്തമാനം പറയും ശരി ശരി നിങ്ങൾ വർത്തമാനം പറയും പത്ത് മിനിറ്റിനകം രണ്ടു പേർക്കും ചായ റെഡി പത്ത് മിനിറ്റിനകം രണ്ടു പേർക്കും ചായ റെഡി ഡ്രിൽസ് റെപ്പറ്റേഷൻ ഡ്രിൽ വീ വീ ഇരിക്ക നീ ക്ഷമിക്ക നീ നിർത്ത് നീ നിർത്ത് നീ പറ നീ പറ നീ വിടെ നീ വിട് നിങ്ങൾ വരൂ നിങ്ങൾ വരൂ നിങ്ങൾ വരൻ നിങ്ങൾ വരിൻ നിങ്ങൾ വരണം നിങ്ങൾ വരണം നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ഇരിക്കൂ നിങ്ങളിരിക്കൻ നിങ്ങളിരിക്കൻ നിങ്ങൾ ഇരിക്കണം നിങ്ങൾ ഇരിക്കണം നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ ക്ഷമിക്കൂ നിങ്ങൾ ക്ഷമിക്കും നിങ്ങൾ ക്ഷമിക്കും നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ നിർത്തൂ നിങ്ങൾ നിർത്തൂ നിങ്ങൾ നിർത്തിൻ നിങ്ങൾ നിർത്തിൻ നിങ്ങൾ നിർത്തണം നിങ്ങൾ നിർത്തണം നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൻ നിങ്ങൾ പറയൻ നിങ്ങൾ പറയണം നിങ്ങൾ പറയണം നിങ്ങൾ വിടു നിങ്ങൾ വിടു നിങ്ങൾ വിടണം നിങ്ങൾ വിടണം ബിൽഡപ് ഡ്രിൽ മാഡൽ വാ വന്ന് ഒന്ന് അകത്ത് വ നീ നീ ഒന്ന്കത്തുവാ നൗ ഫോളോ ദ മോഡൽ പറയൂ പറയൂ ഉത്തരം ഉത്തരം പറയൂ ചോദ്യത്തിന് ചോദ്യത്തിന് ഉത്തരം പറയൂ എൻറെ എൻറെ ചോദ്യത്തിന് ഉത്തരം പറയൂ സംസാരിക്കിൻ സംസാരിക്കിൻ രണ്ടു പേരും രണ്ടുപേരും സംസാരിക്കൻ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും മക്കളെ മക്കളെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും ഇരിക്കണം ണം ഒന്ന് ഒന്നിരിക്കണം ചാരു കസേരയിൽ ചാരു ഒന്നിരിക്കണം ആ ചാരു കസേരയിൽ ഒന്നിരിക്കണം ആദ്യം ആദ്യം ആ ചാരുസേരയിൽ ഒന്നിരിക്കണം അമ്മ ആദ്യം ആ ചാരു കസേരയിൽ ഒന്നിരിക്കണം എക്സ്പാൻഷൻ ഡ്രിൽ മോഡൽ നീ പറ ആദ്യം നൗ ഫോളോ ദ മോഡൽ അച്ഛനെ ഉണ്ട് ഉപദ്രവം ഉപദ്രവമുണ്ട് വാദത്തിന്റെ അച്ഛന് വാദത്തിന്റെ ഉപദ്രവമുണ്ട് മാത്രം അച്ഛന് മാത്രം വാദത്തിന്റെ ഉപദ്രവമുണ്ട് നിങ്ങൾ ക്ഷമിക്കും കുറച്ചൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ ക്ഷമിക്കും മറവി നിങ്ങൾ മറവി കുറച്ചൊക്കെ ക്ഷമിക്കും നിങ്ങൾ ഈ മറവി കുറച്ചൊക്കെ ക്ഷമിക്കും നിങ്ങൾ എന്റെ ഈ മറവി കുറച്ചൊക്കെ ക്ഷമിക്കും നീ നിർത്ത ഒന്ന് നീ ഒന്ന് നിർത്ത മുഖസ്തുതി നീ മുഖസ്തുതി ഒന്ന് നിർത്ത ഈ നീ ഈ മുഖസ്ഥുതി ഒന്ന് നിർത്ത നീ നിന്റെ ഈ മുഖസ്ഥുതി ഒന്ന് നിർത്ത് റീ സ്റ്റേറ്റ്മെന്റ് ഡ്രിൽ മോഡൽ വൺ നീ തീർക്കെ നിങ്ങൾ തീർക്കൂ നൗ ഫോളോ ദോഡൽ നീ സംസാരിക്കേ നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾ കുടിക്കൂ നീ വിടെ നിങ്ങൾ വിടു നീ പോ പോകൾ പോകൂ നീ വ നിങ്ങൾ വരൂ മോഡൽ ടു നിങ്ങൾ ഇരിക്കൂ നിങ്ങൾ ഇരിക്കിൻ നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ വരൂ നിങ്ങൾ വരിൻ നിങ്ങൾ പറയൂ നിങ്ങൾ വിടു നിങ്ങൾ വിടിൻ മോഡൽ ത്രീ നിങ്ങൾ ക്ഷമിക്കും നിങ്ങൾ ക്ഷമിക്കണം നൌ ഫോളോ ദോഡൽ നിങ്ങൾ നിർത്തിൻ നിങ്ങൾ നിർത്തണം നിങ്ങൾ പറയൻ നിങ്ങൾ പറയണം നിങ്ങൾ പോകൻ നിങ്ങൾ പോകണം റെസ്പോൺസ് ഡ്രിൽ മോഡൽ നിനക്കെന്ത് വേണം ചായയോ കാ എനിക്ക് ഒന്നും വേണ്ട അമ്മ ഇവിടെ ഇരിക്കൂ നൗ ഫോളോ ദോഡൽ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ചേട്ടന് എന്റെ എല്ലാ പുസ്തകവും വേണോ ഇന്നും നിങ്ങൾക്ക് അവധി വേണോ നിങ്ങൾ കള്ളക്കടത്തുകാരുടെ കൂട്ടുകാരാണോ നിന്റെ മകളാണോ ഈ എഴുത്തുകാരി